നമുക്ക് ഒന്ന് തിമത്യോസ് ഒന്നാം അധ്യായത്തിൽ നിന്ന് അവിടെ പൗലൂസ് ആവർത്തിക്കുന്ന ഒരു പ്രയോഗമുണ്ട് അത് വിശ്വാസവും നല്ല മനസാക്ഷിയും എന്ന പ്രയോഗമാണ് വിശ്വാസവും നല്ല മനസ്സാക്ഷിയും പൗലൂസിന്റെ ജീവിതത്തിൽ താൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തോളം താൻ കാത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വിശ്വാസം അതുപോലെ നല്ല മനസ്സാക്ഷി നമ്മൾ രണ്ട് തിമത്യോസിന്റെ അവസാന ഭാഗത്ത് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുന്നു ഞാൻ വിശ്വാസം കാത്തു എന്നാണ് അവിടെ പൗലൂസ് പറയുന്നത് ഞാൻ വിശ്വാസം കാത്തു അപ്പോൾ താൻ വിശ്വാസം കാക്കുന്നതിനായിട്ട് വിശ്വാസം ുന്നത് അത് അവനെ സംബന്ധിച്ചോളം അവന്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് വിശ്വാസം കാക്കുന്നത് നല്ല ഓട്ടം ഓടുന്നത് ആ കാര്യങ്ങളൊക്കെ പൗലൂസിന്റെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അപ്പസുള്ള പ്രവർത്തികളിലാണെങ്കിലും അപ്പൊ പ്രവർത്തികൾ അധ്യായത്തിൽ പൗലൂസ് നല്ല മനസ്സാക്ഷിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എപ്പോഴും ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കണം എന്ന് പൗലൂസിന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ അപ്പൊ അധ്യായത്തിൽ അവിടെ പൗലോസ് പറയുന്നു ഒന്നാം വാക്യം സഹോദരന്മാരെ പൗലൂസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേസാക്ഷിയോടു കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ നല്ല ഒരു സൂക്ഷിക്കുക തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനത്തോളം വിശ്വാസം കാത്തുകൊണ്ട് തന്റെ ക്രിസ്തീയ ഓട്ടം അവസാനിപ്പിക്കുക പൗലോസിന് ഇത് അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അതായിട്ട് പൗലൂസ് ചേർത്തു ഒരു കാര്യമാണ് അപ്പോ പൗലൂസ് തന്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ ആയ പൗലോസ് വളർത്തിക്കൊണ്ട് ആത്മികമായിട്ട് നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ഉത്സാഹിപ്പിക്കുന്ന ആ സമയത്ത് പൗലോസ് അതാണ് തിമത്യോസിനോട് പറയുന്നത് നമ്മൾ ഇവിടെ ഒന്ന് തിമത്യോസിൽ നാം അതാണ് വായിച്ചത് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ് മകനെ തിമത്യോസെ പതിനെട്ടാം വാക്യം മകനെ തിമത്യോസെ നിന്നെ കുറിച്ച് പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ ചെയ്യുക താൻ വിശ്വാസം കാത്തു താൻ നല്ല മനസ്സാക്ഷിയോടുകൂടെ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് ക്ഷൂക്ഷിക്കാതെ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയിട്ടുണ്ട് എന്നാൽ നിന്നെ സംബന്ധിച്ചോളം അങ്ങനെ നിനക്ക് സംഭവിക്കരുത് നീ നിന്റെ വിശ്വാസം കാക്കണം നീ നിന്റെ നല്ല മനസാക്ഷി സൂക്ഷിക്കണം മറ്റുള്ളവർക്കും ആ രീതിയിൽ നീ ഉത്സാഹത്തോടു കൂടെ മറ്റുള്ളവരെയും ബലപ്പെടുത്തി നിന്റെ ക്രിസ്തീയ ജീവിതം നീ മുമ്പോട്ട് പോകണം എന്നാണ് പൗലുസ്തിമത്യോസിനെ ഉത്സാഹിപ്പിക്കുന്നത് അതിൻ്റെ മുൻപ് തന്നെ അഞ്ചാമത്തെ വാക്യത്തിലും അവിടെ പൗലൂസ് തിമത്യോസിനോട് പറയുമ്പോൾ അവിടെയും ഈ കാര്യം പറയുന്നുണ്ട് ആജ്ഞയുടെ ഉദ്ദേശം എന്താണ് ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം അവിടെയും പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നു പറയുന്നത് ഇതാണ് നിനക്ക് നീ തിമത്യോസ് നീ ഓർത്തണം ശുദ്ധ ഹൃദയം സൂക്ഷിക്കുവാനായിട്ട് നീ ഓർക്കുക നല്ല മനസ്സാക്ഷി സൂക്ഷിക്കാനായിട്ട് നീ ഓർക്കുക നിന്റെ വിശ്വാസം അത് നിർവ്യാജമായിട്ടുള്ളൊരു വിശ്വാസം ആയിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ അതിനാൽ ഉളവാകുന്ന ആ ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും നിനക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് ഇവിടെ പുതുതായിട്ട് പല സൗകര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടും ആ പശ്ചാത്തലത്തിലും കൂടെ നമ്മൾ ചില അടിസ്ഥാന സത്യങ്ങൾ നാം ആവർത്തിച്ച് പറയുകയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്നാൽ പോലും ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് ക്രിസ്തി ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പൗലോസ് കൈ പിൻപറ്റിയ തിമത്യോസിനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുവിനോട് ചേർന്ന് നടക്കുന്ന ആ നടപ്പിൽ കർത്താവിനോടുള്ള ഒരു ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വിശ്വാസവും നല്ല മനസാക്ഷിയും അപ്പം ഇതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസം നല്ല മനസാക്ഷി ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചേർന്ന് ചില കാര്യങ്ങൾ നാം നേരത്തെ കേട്ടിട്ടുള്ളത് സാക്ക്ലർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല ഉദാഹരണങ്ങൾ ചില ചിത്രങ്ങൾ അപ്പോൾ ഞാൻ ചില ചിത്രങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ചി ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ കാണിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുവാനായിട്ട് നമുക്ക് അല്പസമയം നമുക്ക് ചിന്തിക്കാം നമുക്ക് ചിന്തിച്ച ശേഷം മറ്റ് സഹരി സഹകരന്മാർക്കും സൗദരിമാർക്കും അവർക്ക് സാക്ഷ്യം പ്രസ്താവിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനുമൊക്കെ നമുക്ക് തുടർന്നുള്ള സമയം നമുക്ക് എടുക്കാമല്ലോ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം നമുക്ക് ദൈവത്തിൽ ഉണ്ടാകണം എങ്കിൽ നമുക്ക് ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവണം ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്ന പലപ്പോഴായിട്ട് നാം ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നത് ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നാം ഈ വായിച്ച വാക്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം നാം നേരത്തെ വായിച്ചിട്ടുള്ളതും കേട്ടതുമായ കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു ഒന്നാമതായി ദൈവത്തിലുള്ള വിശ്വാസം ചില വസ്തുതകളിൽ അധിഷ്ഠിതമാണ് നാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നത് കാരണം ചില വസ്തുതകൾ ചില ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ആ അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണ് ഒന്നാമതായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഞാന് എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാം കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ് ദൈവം എനിക്കായിട്ട് കരുതുന്നവനാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ മുപ്പ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യം ചെറുപ്പക്കാർക്കുമൊക്കെ നിങ്ങൾ ആ വാക്യം അവിടെ പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഞാൻ യഹോബ അരളി ചെയ്യുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു അപ്പം നിത്യസ്നേഹം ദൈവം ആ രീതിയിൽ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ദൈവം ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ദൈവം എല്ലാറ്റിൻ്റെ മേലും ദൈവം നിയന്ത്രണമുള്ളവനാണ് എല്ലാറ്റിനെയും ദൈവം നിയന്ത്രിക്കും മൂന്നാമതായിട്ട് ദൈവം എപ്പോഴും ശരിയാണ് ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല ദൈവം ഗോഡ് ഇസ് ഓൾവേസ് റൈറ്റ് ദൈവം ഒരിക്കലും ദൈവത്തിന് മിസ്റ്റേക്സ് ദൈവം ഉണ്ടാക്കുന്നില്ല നാലാമതായി നാം എപ്പോഴും പറയുന്ന വാക് വായിക്കുന്ന വാക്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു അപ്പോ ഗോഡ് ഡസ് ഓൾ തിങ്സ് എല്ലാം നമ്മുടെ ഏറ്റവും നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നത് അഞ്ചാമതായിട്ട് ആത്യന്തികമായിട്ട് എല്ലാറ്റിന്റെയും ഉദ്ദേശം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം ഗോഡ്സ് ഗ്ലോറി ഇസ് വാട്ട് മാറ്റേഴ്സ് അൾട്ടിമേറ്റ്ലി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും നിന്നുകൊണ്ട് നമുക്ക് അവൻ നമ്മെ സ്നേഹിക്കുന്നു അവൻ എല്ലാ നിയന്ത്രണമുള്ളവനാണ് അവൻ എല്ലായ്പ്പോഴും ശരിയാണ് അവന് എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ദൈവത്തിൻ്റെ മഹത്വമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിയും ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ചില നിങ്ങളുടെ ചില ചിത്രങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കാനായിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് അവിടെ നാം നേരത്തെ വായിച്ച വാക്യം തന്നെയാണ് ദൈവം പറയുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം ഉണ്ടാവണം ഹൃദയം നിറേ സ്നേഹവുമായി നിങ്ങളെ സ്നേഹിക്കുന്ന നിത്യമായ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് പറ്റും ഓക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ചിത്രം നിങ്ങൾ നോക്കുക ഈ ഭൂമി ദൈവത്തിന്റെ കയ്യിലാണ് ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എല്ലാറ്റിനും ദൈവത്തിന് നിയന്ത്രണമുണ്ട് നിനക്ക് അറിഞ്ഞുകൂടിയോ വിന്റെ നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെയാണ് നിനക്ക് അറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യദൈവം ഭൂമിയുടെ അറതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല ബുദ്ധി അപ്രമേയം അത്ര അപ്പോ പറയുന്നത് ദൈവം അവിടുന്ന് നിത്യദൈവമാണ് ഭൂമിയുടെ അറതികളെ സൃഷ്ടിച്ചവനാണ് അവൻ ക്ഷീണിക്കുന്നില്ല അവൻ തളർന്നു അവന്റെ ബുദ്ധി അപ്രമേയമാണ് അപ്പൊ ദൈവത്തെ കുറിച്ച് ഈ രീതിയിൽ ഗോഡ് ഓസ് ഇൻ കൺട്രോൾ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഭാര്യക്കും മക്കൾക്കും ഏറ്റവും വലിയ അവരുടെ ബുദ്ധിമുട്ട് അവരുടെ ആകുലം പറയുന്നത് ഞാൻ ഉറങ്ങിപ്പോകുമോ എന്നുള്ളതാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചിലപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പുറത്ത് ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ ഉടനെ കാര്യം ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഉറങ്ങിപ്പോയി ഒരിക്കൽ പണ്ട് വളരെ ചെറുപ്പത്തിൽ ബൈക്കിൽ നിന്ന് താഴെ വീണതും ഈയിടെ ചില കഴിഞ്ഞ എനിക്ക് ഒന്നൊന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അവിടുന്ന് ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പാമ്പാടി എത്തിയപ്പോൾ കണ്ണടച്ച് ഉറങ്ങിപ്പോയി അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായിട്ട് ദൈവം സൂക്ഷിച്ചു ദൈവം പ്രൊട്ടക്ട് ചെയ്തു അപ്പൊ നമുക്ക് നമ്മൾ ഞാൻ ഞാൻ സ്റ്റിയറിംഗ് വീൽ എന്റെ കയ്യിൽ പറഞ്ഞാലും ആർക്കും ഒരു സ്വസ്ഥതയില്ല കാര്യം നമ്മൾ ഉറങ്ങിപ്പോവാ പക്ഷെ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്നത് ദൈവം അവിടുന്ന് നിത്യദൈവുമാണ് അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ് ദൈവം ില്ല ദൈവത്തിന് ക്ഷീണമില്ല ദൈവം ഉറങ്ങുന്നില്ല ദൈവം മയങ്ങുന്നില്ല ദൈവം ക്ഷീണിക്കുന്നില്ല അതുകൊണ്ട് ഗാഡ്സ് ഇൻ കൺട്രോൾ എല്ലാറ്റിന്റെ മേലും ദൈവത്തിന് നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൽ അത് രൂഢമൂലമായിട്ട് ഇരിക്കണം നിങ്ങൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ ഈ ഭൂമി ദൈവത്തിന്റെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കൊച്ചു ജീവിതം ഈ ഭൂമിയിലെ ഭൂമി തന്നെ ദൈവത്തിന്റെ കയ്യിൽ ഇത്ത ചെറുതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം അത് ദൈവത്തിന്റെ കയ്യിൽ എത്ര എത്ര എത്ര ചെറുതാണ് അത് എത്ര സുരക്ഷിതമാണ് ദൈവത്തിന്റെ കയ്യിൽ ഗാഡ്സ് ഇൻ കൺട്രോൾ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും നമ്മൾ ചിന്തിക്കരുത് ദൈവത്തിന് തെറ്റുപറ്റിയോ ദൈവം അങ്ങനെ തെറ്റ് ചെയ്തോ ദൈവം അയ്യോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റി അത് അങ്ങനെയാണോ ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടിക് മാർക്ക് ഓർക്കുക ഏർ ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല യഹോവയുടെ വചനം നമ്മൾ സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ നാലും അഞ്ചും വായിക്കുന്നത് യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത് അവൻ നീതിയും അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവ ദേ കൊണ്ട് ഭൂമി നിറച്ചിരിക്കുന്നു ഏഹ് അപ്പോ യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് ഏർ എല്ലാ കാര്യങ്ങളും യഹോവ നേരോടെ വിശ്വസ്തതയോടെ ദൈവത്തിന് ഒരു തെറ്റും പറ്റുന്നില്ല ഈ കാര്യം നമുക്ക് ഉറപ്പുണ്ടാവണം അവനെപ്പോഴും ശരിയാണ് ഓക്കെ അടുത്തത് ഇത് നമ്മള് എപ്പോഴും വായിക്കുന്ന ഈ വാക്യം തന്നെയാണ് അത് ദൈവം എല്ലാ എൻ്റെ നന്മയ്ക്കായിട്ടാണ് എൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കാര്യം നമ്മുടെ ഉള്ളത്തിൽ ഒരു ഉറപ്പായിട്ട് ഒരു ബോധ്യമായിട്ട് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ആത്യന്തികമായ നന്മയ്ക്കായി നമുക്ക് ഇന്ന് ഒരുപക്ഷെ നാം നേരിടുന്ന നഷ്ടങ്ങൾ ഒരുപക്ഷെ നാം കടന്നു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ നാം ആഗ്രഹിച്ചിട്ട് നമുക്ക് ലഭിക്കാത്ത ചില സാഹചര്യങ്ങൾ എല്ലാം എല്ലാം ഈ വാക്യത്തിൻ്റെ അടുത്ത വാക്യം പറയുന്നത് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തിന് അനുരൂപരാകുവാനായി കർത്താവിൻ്റെ സ്വഭാവത്തിന് നമ്മെ അനുരൂപരാക്കുവാൻ ദൈവം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ആത്യന്തികമായ നന്മയ്ക്കായിട്ടാണ് അപ്പൊ ഈ കാര്യവും നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളത്തിൽ ഉണ്ടാവണം ഓക്കെ അടുത്തത് ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ദൈവത്തിൽ വേണ്ടവണ്ണം വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമ്മൾ പെട്ടെന്ന് നിരാശപ്പെട്ട് തളർന്നു പോകുന്നതിന്റെ കാരണം നമ്മൾ നമ്മുടെ മഹത്വമാണ് പലപ്പോഴും അന്വേഷിക്കാറുള്ളത് എനിക്ക് ഈ കാര്യം ശരിയായിട്ട് എന്റെ കാര്യം എന്റെ മഹത്വം എൻ്റെ കാര്യങ്ങൾ ശരിയാവണം എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ കാഴ്ചപ്പാട് ഇത് ദൈവത്തിന്റെ മഹത്വമാണ് ഏറ്റവും വലുത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് വാർത്തയോട് എന്താ പറഞ്ഞത് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നീ വിശ്വസിക്കുമ്പോ ആ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ ഇപ്പോ എഴുന്നേറ്റ് വരും നിന്റെ കുടുംബ തീരും അങ്ങനെയല്ല വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നമ്മൾ ദൈവത്തിൽ എന്തുകൊണ്ട് ദൈവത്തിൽ എല്ലാം വിശ്വസിക്കണം കാരണം ദൈവം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവത്തിന്റെ നാമം ഈ സാഹചര്യത്തിലൂടെ മഹത്വപ്പെടണം അതുകൊണ്ട് എനിക്ക് ടു ഗോഡ് ബി ദ ഗ്ലോറി എല്ലാറ്റിന്റെയും മഹത്വം ദൈവത്തിനാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ ആ സാഹചര്യത്തിലൂടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിയും നമ്മള് പല വാക്യങ്ങൾ ദൈവദനത്തിൽ ഉണ്ട് റോമാലേഖനം ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ജാതികളിൽ നിന്ന് എന്തിനാണ് നമ്മയൊക്കെ വിളിച്ചത് നമ്മെ വിളിച്ചത് തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നു ദൈവത്തിന്റെ തേജസ്സിനായിട്ടാണ് നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നത് തൻ്റെ കരുണാപാത്രങ്ങളായ നമ്മിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുന്നു ാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തേജസ് നമ്മിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുവാൻ അതുപോലെ അത് രോമാലേഖനം ഒമ്പതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളാണ് ഒന്നുകൂല ഇന്ത്യ പത്തിന്റെ മുപ്പത്തി ഒന്നിൽ വായിക്കുന്നു തിന്നാലും കുടിച്ചാലും എന്ത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക അപ്പോ എല്ലാച്ചിന്റെയും ഉദ്ദേശം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമാണ് അപ്പോ നമ്മള് ഇതുവരെ ചിന്തിച്ച ഒന്ന് പുറകോട്ട് പോകാമോ നമ്മള് ചിന്തിച്ച അഞ്ചു കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു ദൈവം ിക്കുന്നു ഏ അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം ഗാഡ്സ് എൻ കൺട്രോൾ ദൈവം എല്ലാറ്റമേലും നിയന്ത്രണമുള്ളവനാണ് ദൈവം എപ്പോഴും ദൈവം ശരിയാണ് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല ദൈവം എല്ലാം നമ്മുടെ നന്മക്കായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ആത്യന്തികമായി ദൈവത്തിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം അപ്പോ അതിന്റെ ചിത്രങ്ങളും കൂടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പോവുക അപ്പോ ദൈവത്തിന്റെ ഹൃദയം നമ്മെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നു ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ ജീവിതം ഭദ്രമാണ് ദൈവം എല്ലാത്തിലും ശരിയാണ് അതുപോലെ ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു ആത്യന്തികമായി ദൈവത്തിന്റെ മഹത്വമാണ് ഏറ്റവും പ്രധാനം ഓക്കെ അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പറ്റും അപ്പൊ ദൈവത്തിൽ ഞങ്ങള് ഈ പ്രാവശ്യം ബാംഗ്ലൂർ കോൺഫറൻസിൽ പോയപ്പോ അവിടെ പ്രധാനമായിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട ഒരു കാര്യം ഇതായിരുന്നു അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് നല്ല രീതിയിൽ ദൈവത്തോടുള്ള നല്ലൊരു ബന്ധത്തിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു അന്ധൻ ഒരു അന്ധനായ മനുഷ്യൻ അന്ധനായ മനുഷ്യൻ അവൻ രാവിലെ അവന് അവിടെ കിടന്ന് അവൻ കട്ടിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ആ മനുഷ്യൻ ഞാൻ കഴിഞ്ഞ നമ്മൾ പറഞ്ഞു അന്ധനായ മനുഷ്യൻ എന്താ ആദ്യം ഒന്ന് അന്വേഷിക്കുക തന്റെ എന്നാ എന്റെ മൊബൈൽ ഫോൺ നോക്കാം മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വേറെ എന്താ അദ്ദേഹം നോക്കുന്നത് അന്ധനായ മനുഷ്യൻ ആദ്യം അദ്ദേഹം അന്വേഷിക്കുന്നു എന്താ തൻ്റെ ഈ വൈറ്റ് കെയിൻ തന്റെ ഈ വെള്ള വടി ഇതില്ലാതെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിലോ എങ്ങോട്ട് പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലോ തനിക്ക് ഈ വടി വേണം തന്റെ ഈ ജീവിതത്തിൽ താൻ ആശ്രയിക്കുന്ന തന്റെ ഈ വടിയില്ലാതെ തനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റില്ല അപ്പോ നാം ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹമ്പിൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ faith true faith etadha vishwasam enu parayanathu adu oru taalmayode tudarmanamai devathil aasraikunnathu taalmayode tudarmanamai devathil aasraikunnathana yatharthathilulla vishwasam ee oru andhan thande oonu vadil ella ipozhum aasraikunnathu pole kartavaya yesuvil ella ipozhum aasraikuka kartavaya yesuvil ella ipozhum aasraikuka depend on the lord jesus as a blind man depends on a skein all the time appu raavile ezhunelkkumbo ഞാനും ഈ ദിവസങ്ങളിൽ ഞങ്ങളും ഈ ദിവസങ്ങളിൽ കൂടുതൽ ഇത് കുറച്ചുകൂടെ ദൈവത്തിൽ ആ രീതിയിൽ ഒരു നിസ്സഹായതയോടെ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങനെ സഹായിക്കണം അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ ഇന്ന് വരുന്ന പരീക്ഷകളിൽ അകപ്പെടാതെ ദുഷ്ടനിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവെ അങ്ങയുടെ തുണയില്ലാതെ അങ്ങയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എവിടെയാണ് കർത്താവെ ചതിക്കുഴികളുള്ളത് ഞങ്ങൾക്കറിയില്ല പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ഒരു അന്ധൻ തൻ്റെ ഊന്നുവടിയിൽ ആശ്രയിക്കുന്നത് ദൈവമേ അങ്ങനെക്ക് വേണം അപ്പോൾ ദൈവത്തിലുള്ള ദൈവം അവിടുന്ന് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവനാണ് എല്ലാ ചിഹ്ന പേരും നിയന്ത്രണമുള്ളവനാണ് അവൻ ഒരിക്കലും തെറ്റുപറ്റാത്തവനാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ ആ രീതിയിൽ വിശ്വസിക്കാൻ പറ്റും ആശ്രയിക്കാൻ പറ്റും അതുകൊണ്ട് ക്ഷീണിക്കാത്ത മയങ്ങാത്ത ഈ ദൈവത്തിൽ ഞാന് തുടർമാനമായിട്ട് ആശ്രയിക്കുക ിയമുള്ളവര് ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ ഇന്ന് നമ്മൾ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നമുക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം കൂരരുൾ താഴ്വരയുടെ നീ നടന്നാലും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവിടെ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു താഴ്വരെ കൂരിരുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു അന്ധനെ പോലെ ഞാൻ കൂരരുൾ താഴ്വരയിൽ എന്താ കാണുക അപ്പൊ പറയുന്നു അവിടെ എന്റെ വടിയുണ്ടവിടെ എന്റെ വടി എന്റെ കോൽ നിന്നെ ആശ്വസിപ്പിക്കും നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ ഈ രീതിയിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിത തീവ്രമായ അനുഭവങ്ങളിലൂടെയൊക്കെ പലരും കടന്നു പല പ്രയാസങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങളായിരിക്കാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവെ അങ്ങനെനിക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവരാണ് ഞാൻ അങ്ങൽ ഞാൻ അങ്ങെ ആശ്രയിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വിശ്വാസ ഇങ്ങനെയുള്ള നിരന്തരമായ ദൈവത്തിലുള്ള ഒരു ആശ്രയ അത് നമ്മൾ വളർത്തിയെടുത്തു അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് അവസാനം ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാനം പറയാ പറയാൻ പറ്റുക ഞാൻ വിശ്വാസം കാത്തു എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി നമുക്ക് നല്ല മനസാക്ഷി നമ്മള് അടുത്ത കാര്യം നല്ല മനസ്സാക്ഷിയാണ് അപ്പൊ അതുപോലെ ഈ നല്ല ഒരു വിശ്വാസം നാം ദൈവത്തിൽ കാത്ത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകും ഓക്കെ അപ്പോ നമ്മള് ഇനിയും നമുക്ക് ഈ നല്ല മനസാക്ഷിയെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം നല്ല മനസാക്ഷി അപ്പൊ ഇങ്ങനെ ഒരു നല്ല വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു നല്ല മനസാക്ഷി ആവശ്യമാണ് അപ്പോ നമ്മിൽ പലരും ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തുടക്കത്തിൽ തന്നെ ശരിയായ തുടക്കം ഇല്ലാതെ തുടങ്ങുന്നത് പലർക്കും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടവണ്ണം വളരാനായിട്ട് സാധിക്കാറ് നമ്മുടെ ദൈവജനത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട് നമ്മള് മാനസാന്തരത്തോടുകൂടെ യഥാർത്ഥത്തിലുള്ള വീണ്ടു ജനനത്തോടു കൂടെയാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ജനനം സംഭവിക്കുന്നു ആ വീണ്ടു ജനനം ഉണ്ടായ ശേഷം നമ്മള് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോ പല ഒരു യഥാർത്ഥ മാനസാന്തരം റിപ്പെൻസ് അതുപോലെ പല കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചിലര് അങ്ങനെ ചെയ്യാറില്ല അപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ രക്ഷിക്കപ്പെട്ടു അതുകഴിഞ്ഞ് അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടായി അപ്പൊ ഉടനെ ദൈവം ഓർമ്മിപ്പിക്കുന്നു അന്ന് അവിടെ നിന്ന് ആ തിരിച്ചെടുത്ത് അവിടെ നിന്ന് ഞാൻ എടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ മോഷ്ടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ ദേഷ്യപ്പെടുകയും കോപപ്പെടുകയും ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ അവരെ ദ്രോഹിച്ച ഒരു കാര്യം ഓർമ്മ ഓർമ്മ വരുമ്പോൾ ഇത് ചിലർ അതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് വിടും എന്നാൽ നമ്മള് ദൈവം ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യത്തെ ഗൗരവമായിട്ടെടുത്ത് അത് ഞാൻ സെറ്ററൈറ്റ് ചെയ്യണം ഞാൻ തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം ഞാൻ ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്ഷമ ചോദിക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഒരു നല്ല അടിസ്ഥാനത്തിൽ ഒരു ക്ലിയർ കോൺഷ്യൻസോടുകൂടിയാണ് തുടങ്ങുന്നത് നമുക്ക് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ നാം കഴുകി ശുദ്ധീകരിച്ച് നല്ല ഒരു അടിസ്ഥാനത്തിൽ നല്ല ഒരു മനസ്സാക്ഷിയോടെ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റണം അങ്ങനെ തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോയിട്ടാണ് നമ്മുടെ മനസാക്ഷിയെ വീണ്ടും നമ്മൾ വരുന്ന മലിനതകളിൽ നിന്ന് നാം കാക്കേണ്ടത് എന്നാൽ പലപ്പോഴും പലരുടെയും തുടക്കം ശരിയല്ല പ്രിയ സൗരസവന്മാരെ നിങ്ങളിൽ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ കൃത്യജീവിതം ആരംഭിച്ച് നിങ്ങൾ വീണ്ടും ആഴത്തിൽ കുഴിച്ചിട്ടല്ല നിങ്ങളുടെ കൃത്യജീവിതത്തെ നിങ്ങൾ തുടങ്ങിയതെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കുക ദൈവം കർത്താവെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആ രീതിയിൽ ഞാൻ ക്രമപ്പെടുത്താനായിട്ടുള്ള ശരിയാക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം എന്നാൽ ഞാൻ എനിക്കത് കുറച്ച് ഇൻകൺവീനിയൻസ് തോന്നുന്നെങ്കിലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്തെങ്കിലും ഞാൻ ഈവൻ ടാക്സിലോ അല്ലെങ്കിൽ ഞാൻ ട്രെയിനിലോ ബസ്സിലോ ഞാൻ കളിപ്പിച്ച ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ തിരികെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അത് നമുക്ക് ആളിനെ നമുക്കറിയില്ല എങ്കിൽ ഞാൻ അത് ചേർച്ചിലാണെങ്കിലും എവിടെയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ കയ്യിൽ ഞാൻ അത് വെക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഒരു നമുക്ക് ഉണ്ടാവണം അതുപോലെ നാം നമ്മുടെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യം ഒരു ഉറപ്പുണ്ടാവണം എന്നെ എന്നെ സംബന്ധിച്ചോളം കർത്താവ് ഈ പാപിയായി എന്നെ തേടി എന്നെ രക്ഷിച്ചു എന്നെ സ്നേഹിച്ചു ഇനി എനിക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യസ്ഥാനം നൽകും അവിടുത്തെ ഞാൻ ആദ്യസ്ഥാനം നൽകി ഞാൻ അവിടെ പിൻ പിൻപറ്റും നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു നിർണ്ണയവും ഒരു താല്പര്യവുമാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല മനസ്സാക്ഷി തുടർമാനമായിട്ട് മുമ്പോട്ട് മനസാക്ഷിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുക അതുപോലെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ദൈവം ഓർമ്മിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ വാക്കിൽ എൻ്റെ പ്രവൃത്തിയിലൊക്കെ ചിലപ്പോൾ തെറ്റുപറ്റിയെന്ന് വരാം തെറ്റുപറ്റുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ദൈവം ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ ഞാൻ ദൈവത്തോട് അത് ഏറ്റുപറയും ഞാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ അത് ഏറ്റുപറയും ഞാൻ ആരോടാണ് തെറ്റിയത് എന്ന് വെച്ചാൽ അവരോട് ഞാൻ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി ഞാൻ വീണ്ടും എന്റെ നല്ല മനസാക്ഷിയോടെ ഞാൻ മുമ്പോട്ട് പോകും ഞാൻ പാപത്തെ ഗൗരവമായിട്ട് എടുക്കും പാപത്തെ ഗൗരവമായിട്ട് എടുത്ത് ഞാൻ പാപത്തെ ഞാൻ വെറുത്ത് ഞാൻ മുമ്പോട്ട് പോകും അതുപോലെ ഞാൻ ഇരുമനസ് ഉള്ളവനല്ലാതെ ഞാൻ ഈ ഒരു വഴിയിൽ പോകാനായിട്ട് ഫോക്കസ്ഡായിട്ട് മുമ്പോട്ട് ഞാൻ പോകും അപ്പം ഇത് കുറച്ച് തീരുമാനങ്ങളാണ് ഇപ്പൊ ഞാൻ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ ഞാൻ നമുക്ക് ഒരു നല്ല മനസാക്ഷിയോടെ നമ്മുടെ ക്രിസ്ത്യജീവിതം മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു അടിസ്ഥാനത്തോടെ തുടങ്ങുക അനുതാപത്തോടെ വീണ്ടും ജനനത്തോടെ നാം കാര്യങ്ങളെയൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം ദൈവത്തിന് ആദ്യസ്ഥാനം നൽകിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പിൻപറ്റുവാൻ സിൻസിയറായിട്ട് ദൈവത്തെ പിൻപറ്റുവാനുള്ള ഒരു ആഗ്രഹത്തോടെ തുടർമാനമായ ഒരു അനുതാപത്തിലും ഞാൻ യേശുവിന്റെ രക്തത്തിലും കഴകിൽ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള ഒരു യാത്ര എനിക്ക് ദൈവം എന്നെ കാണിക്കുമ്പോഴൊക്കെ പാപം ഞാൻ കാണുമ്പോൾ അതിനെ ഗൗരവമായിട്ട് എടുക്കുകയും അതിനെ വെറുക്കാനുമുള്ള ഒരു സന്നദ്ധതയോടെ ഞാനൊരു ഇരുമനസ്സില്ലാത്തവനായിട്ട് ഞാൻ മുമ്പോട്ട് പോകുക നമ്മൾ ഞാൻ നേരത്തെ അപ്പോസ് ഉള്ള പ്രവർത്തികൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ കാര്യം ഞാൻ പറയുകയുണ്ട് അപ്പൊ പൗലോസിന്റെ കാര്യം അവിടെ നമ്മൾ വായിച്ചപ്പോൾ പൗലോസ് ആ ഒരു ഭാഗം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അപ്പോസ്സല പ്രവൃത്തികൾ ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം പൗലോസ് ന്യായധിപ സംഘത്തെ ഒറ്റ നോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ എന്താ സംഭവിച്ചത് അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവനോട് അവൻറെ വായിക്കു കൽപ്പിച്ചു അപ്പൊ പൗലോസ് അവനോട് എന്ത് പറയുന്നു നിങ്ങൾക്ക് സഹോദരന്മാർക്ക് ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ എടുത്ത് ആ വാക്യം നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്ഷീണം വരുന്നെങ്കിൽ ബൈബിളൊക്കെ എടുക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നത് മാും നല്ലതാണ് അവിടെ അപ്പൊ പറയുന്നു അപ്പോൾ മഹാപുരായി അനന്യ സരികെ നിൽക്കുന്നവരോട് അവന്റെ വായിക്കടിക്കുവാൻ കൽപ്പിച്ചു പൗലൂസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച് ചുവരെ നീ ന്യായ എന്നെ വിസ്തരിക്കുവാൻ ഇരിക്കുകയും ന്യായ വിരോധമായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറയും അപ്പോൾ പൗലൂസ് ഇത് കേട്ട ഉടനെ പൗലൂസ് പൗലൂസിന് പെട്ടെന്ന് ഇദ്ദേഹം ന്യായം നൽകാനായിട്ട് ന്യായസനത്തിൽ ഇരിക്കുന്ന ആളാണ് ഇത് ഒരു ന്യായവും ചെയ്യാതെ ഈ തരത്തിൽ ആരാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ആരാണെന്ന് പൗലൂസിന്റെ വ്യക്തതയില്ല എന്നാൽ പോലും ഇങ്ങനെ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവം നിന്നെ അടിക്കും വെള്ള എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് അരികെ നിൽക്കുന്ന പറഞ്ഞു നാലാം വാക്യം അരികെ നിൽക്കുന്നവൻ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പൊ പൗലോസിന് ഇത് ഇവിടെ ഈ ന്യായാധിപ ന്യായസ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തി ഇത് ദൈവത്തിന്റെ മഹാപുരോഹിതനാണ് എന്ന് പൗലോസിന് അറിയില്ല അപ്പൊ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശാസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പൗലൂസിന് അതിനെക്കുറിച്ച് ബോധ്യമാണ് പൗലൂസിന് ബോധ്യം വരികയും പൗലൂസ് അതിന് പൗലൂസ് സഹോദരന്മാരെ മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് ദൈവവചനം പൗലൂസിന് ഓർമ്മവും പൗലൂസ് പറഞ്ഞു നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ അത് ജനത്തിൻ്റെ ഒരു അധിപതിയാണല്ലോ അപ്പൊ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലോ എന്നുള്ളൊരു ബോധ്യം പൗലൂസിന് ഉണ്ടായി അപ്പോൾ ഒന്നാം വാക്യത്തിൽ പൗലൂസ് പറഞ്ഞു ഞാൻ ഇന്നേ ദിവസം വരെ ദൈവത്തിന്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടെ ഞാൻ ജീവിച്ചു അപ്പൊ പെട്ടെന്ന് രണ്ടാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസിന്റെ ഉള്ളിൽ മനസ്സാക്ഷിക്ക് എന്തോ ഒരു കറ സംഭവിച്ചതുപോലെ ആ വാക്ക് ആ മനോഭാവം തെറ്റി പെട്ടെന്ന് പൗലോസ് വീണ്ടും ദൈവ തന്റെ തെറ്റിനെ അംഗീകരിച്ചു അയ്യോ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ പറയുന്നു നിന്റെ അധിപതിയെ ദുഷിക്കരുത് അവനുടനെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വീണ്ടും നല്ല മനസ്സാക്ഷി അവനുണ്ടായി അപ്പോൾ എപ്പോഴും ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്കുടെ ജീവിതത്തിൽ തെറ്റുപറ്റില്ല എന്നല്ല നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ വാക്കിലാകട്ടെ എൻ്റെ ചിന്തയിലാകട്ടെ എൻ്റെ പ്രവൃത്തിയിലാകട്ടെ എന്ന് ബോധ്യപ്പെട്ടാൽ ന്യായീകരണങ്ങളില്ലാതെ ഉടനെ ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കുക മനുഷ്യരുടെ മുമ്പാകെ സമ്മതിക്കുക അതിനെ ഏറ്റുപറയുക നമ്മൾ യേശുന്റെ രക്തത്താൽ കഴുകപ്പെടുക അങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നല്ല മനസാക്ഷി സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുക ഓക്കേ ഇത് എന്താണ് നമ്മള് ഈ പല എക്സാമ്പിൾസ് ആക്ബർ പലപ്പോഴായിട്ട് പറഞ്ഞ ചില എക്സാമ്പിൾസ് ആണ് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് എന്തായത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽപാദമാണ് കൊച്ചു കുഞ്ഞിന്റെ കാൽപാദം ഈ കൊച്ചു കുഞ്ഞിന്റെ കാൽപാദം എത്ര എത്ര സോഫ്റ്റ് ആണെന്ന് തൊട്ട് നോക്കുന്നോ ഏഹ് ഇവിടെ ഇത് തൊട്ടു നോക്കാൻ പറ്റില്ലേ എന്നാലും നിങ്ങളിവിടെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ ആ കൊച്ചു കുഞ്ഞിന്റെ കാൽപാതെ തൊട്ട് നോക്ക് എത്ര സോഫ്റ്റ് ആണ് എത്രയോ സോഫ്റ്റ് ആയിട്ട് നാം രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ മനസാന്തരത്തിലൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടങ്ങുമ്പോ നമ്മുടെ മനസാക്ഷി ഇതുപോലെയാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനസാക്ഷിയാണ് ദൈവം നമുക്ക് നൽകുന്നത് ആ മനസാക്ഷിയിൽ തുടർന്ന് ഓരോ സാഹചര്യത്തിലും മധ്യത്തിലും ദൈവം നമ്മെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ശരിയല്ല ഇത് തെറ്റാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തിന് ഈൽഡ് ചെയ്ത് ഞാൻ ആ മനസാക്ഷിയുടെ സ്പർശത സൂക്ഷിച്ചാൽ ആ മനസാക്ഷി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തെ അവഗണിച്ച് നമ്മൾ അങ്ങ് മുമ്പോട്ട് പോവുകയാണ് ദൈവം നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നു നമ്മൾ അതിനെ അവഗണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസാക്ഷി കട്ടിയുള്ളതായി മനസാക്ഷി കട്ടിയുള്ളതായി കട്ടിയുള്ളതായി അതിങ്ങനെ വിണ്ട് കയറി കട്ടിയുള്ളതായി അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നെല്ലിപ്പൂയിലുള്ള കുറെ സഹോദരന്മാരുണ്ട് അവർ റബ്ബറിലും മലപ്പുറം മലപ്പുറത്ത് പ്രവർത്തിക്കുന്നവരാണ് പണ്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ നിന്ന് കൂടെ തറയിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ച എനിക്കൊരു ദിവസം അത്ഭുതം തോന്നി ഒരു ബ്രതർ അടുത്തിരുന്നു അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് അങ്ങനെ കാലിങ്ങനെ മടക്കി ചമരം അടിഞ്ഞിരിക്കുക അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ കാലില് കാലിൽ ഇങ്ങനെ തോടുന്നു നോക്കി കഴിഞ്ഞ ഒരു കാലിൻ്റെ അകത്തു ഒരു കല്ലെടുക്കും കാലിന്റെ കാല് വിണ്ടുകീറിയിരിക്കുന്നു വിണ്ടുകീറിയിരിക്കുന്ന കാലുമായിട്ട് അദ്ദേഹം മലംപ്രദേശത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് കാലിന് അകത്തൊരു കല്ല് കയറിയിരുന്നു ആ സഹോദരൻ അറിഞ്ഞില്ല വൈകിട്ടൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് പിന്നെ ശാന്തമായിട്ട് ഇരുന്നപ്പോഴ ആ കല്ലിരിക്കുന്നത് കണ്ട് കല്ലിനെ എടുത്തു അപ്പൊ പ്രാർത്ഥനക്ക് വന്നപ്പോ പ്രാർത്ഥനയിൽ ഇതുപോലെയാണ് നമ്മളും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് പാവബോധം ഉണ്ടാക്കുകയും പാവബോധം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി എവിടെയാണ് മലിനപ്പെടുന്നത് എവിടെയാണ് കട്ടിയായി പോകുന്നത് എന്താ അവിടെ കയറിയിരിക്കുന്നത് ആ കയറിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇവിടനെ നീക്കം ചെയ്യണം അപ്പൊ നമുക്ക് കൊച്ചു കുഞ്ഞിന്റെ ഈ പാദം ഈ കൊച്ചു കുഞ്ഞിൻ്റെ നിലത്തേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഒരു കൊച്ചുകല് അതിന്റെ കാലി തട്ടി കാലി തട്ടിയാ ഉടനെ അമേ കരയും കൊച്ചു കൊച്ചുകല്ല് കാലി തട്ടിയാ ഉടനെ അതിന് ഇമ്മീഡിയറ്റ്ലി വേദന മനസ്സിലാവും പെട്ടെന്ന് വേദനയ്ക്കും പക്ഷേ ഈ കാലോ ഈ കാലു വേദന ആ രീതിയിൽ അറിയില്ല ഇത് ഇതുപോലെ കല്ലിലും മേടിലും നടന്ന് വേദന അവഗണിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആ കാലിൽ കട്ടിയുള്ളതായി വിണ്ടുകീറി അതിലൊരു കല്ല് അതിൽ വീണാലും നിങ്ങൾ നോക്കണം ഇത് ആരും നോക്കാതിരിക്കേണ്ട ഇത് ഇങ്ങനെ ഇത് നോക്കി ഈ പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷി ഇതുപോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട് നാം ദൈവം നമ്മുടെ നമ്മുടെ മനസാക്ഷിയിൽ സ്പർശിക്കുമ്പോൾ ആ സ്പർശ്യതയെ നമ്മൾ അവഗണിച്ച് അവഗണിച്ച് അവഗണിച്ച് നമ്മുടെ സ്വന്തം നമ്മൾ പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ മനസ്സാക്ഷി തഴമ്പിച്ച് മനസാക്ഷി കട്ടിയുള്ളതായി നമുക്ക് പാപബോധം നഷ്ടപ്പെട്ട് നമ്മള് കുഴപ്പമില്ലാത്ത ഒരായിട്ട് മുമ്പോട്ട് പോകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസാക്ഷി അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് നീ നല്ല മനസ്സാക്ഷി ആ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സാക്ഷി സൂക്ഷിക്കാനായിട്ട് നീ ഉത്സാഹിക്കുക ആ മനസാക്ഷി കട്ടിയായി പോയി അതിനകത്ത് കല്ലും മറ്റു പലതും കയറിയിരുന്ന് നിന്റെ ജീവിതം നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ കപ്പൽ അത് തകർന്നു പോകുവരി ഇടയാകരുത് ഒരു സ്പർശതയുള്ള മനസ്സാക്ഷിയെ നീ സൂക്ഷിക്കുക ഓക്കെ അതുപോലെ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക നല്ല മനസാക്ഷിയോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്താ ഇതെന്താ ഈ ചിത്രം ഇതൊരു പൂച്ചയാണ് ഈ പൂച്ച എന്താ ചെയ്യുന്നത് ഈ പൂച്ചവിടെ കിടന്നപ്പോ പൂച്ച ഞാൻ ഒരു പ്രകറിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ കുറെ പൂച്ചയുണ്ട് കുറെ പൂച്ചകൾ ഇങ്ങനെ കട്ടിലും അവിടെ ഇവിടെ ഒക്കെ നമ്മള് പൂച്ച അപ്പൊ ഈ പൂച്ച എന്താ ഇവിടെ ചെന്നപ്പോ ഈ പൂച്ച ചെയ്യുന്നത് പൂച്ച തന്നെ തന്നെ തന്നെ തന്നെ തുടച്ച് വൃത്തിയാക്കുക പൂച്ചയെ പൂച്ചയ്ക്ക് എപ്പോഴും അതൊരു അഴുക്കിനകത്ത് ഒരു ഓടയിൽ വീണാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും തന്റെ മനസ്സാക്ഷി മലിനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ തന്റെ ദേഹത്തെ അഴുക്ക് പറ്റുന്ന എവിടെയെങ്കിലും ഒന്ന് വീണാ ഉടനെ പൂച്ച എന്ത് ചെയ്യും പൂച്ച ഉടനെ തന്നെ തുടച്ച് വൃത്തിയാക്കി ഇപ്പൊ അത് പോകുന്ന വഴിക്ക് ഒരു ഓടയിലോട്ട് വീണു ഓടയിലോട്ട് വീണ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പൂച്ച എന്നാ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ആ ഓടയിലെ മാലിന്യം ആസ്വദിക്കുന്ന ഒരു പൂച്ചയെയും നമ്മൾ കാണില്ല പൂച്ച അവിടെ ഓടയിൽ തന്നെ പൂച്ച ചാടി എഴുതേറ്റ് പുറത്തു വരും നല്ല മനസ്സാക്ഷി സൂക്ഷിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആകണോ ആയിരിക്കണമെന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ പോയി ഉണ്ടോ ഓടേ ചാടി ചാടി ഉടനെ ആ ഓടയിൽ കിടന്ന് അവിടെ ആ ഓടയിലെ ആ മാലിന്യ അത് നമ്മൾ കുടിച്ച് ആസ്വദിക്കരുത് അതൊന്ന് വീണ് വീണ് കഴിഞ്ഞാൽ ഉടനെ ഓക്കെ ഞാനത് പോയത് തെറ്റായിപ്പോയി ഞാനത് വീണ ശരിയായില്ല ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് കർത്താവേ അങ്ങനെ രക്തത്താൽ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം ഞാനിത് പല ഉദാഹരണങ്ങൾക്കും അതിൻ്റെ പരിമിതിയുണ്ട് ഇവിടെ പൂച്ച തുടയ്ക്കുമ്പോൾ പൂച്ച പൂച്ചയുടെ സലൈവ കൊണ്ടാണ് തുടയ്ക്കുന്നത് നമ്മുടെ നമ്മുടെ സ്വന്തം തുടയ്ക്കൽ കൊണ്ടല്ല നമ്മൾ ശുദ്ധീകരിക്കും നാം ശുദ്ധീകരിക്കപ്പെടും നാം കൂടെ നാം പാപം ദൈവത്തോട് ഏറ്റുപറയുന്നു യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കും യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ സ്വന്തം അധ്വാനമല്ല എന്നാൽ നാം പാപത്തെ അക്നോളജ് ചെയ്ത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം വരിക വന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ രക്തത്താവിനെ കഴുകണമേ എന്ന് പറഞ്ഞ് നാം നമ്മെ തുടയ്ക്കുമ്പോൾ ആ രക്ത കഴുകപ്പെട്ട് നമുക്ക് വീണ്ടും ഒരു നല്ല മനസാക്ഷി നമുക്കുണ്ടാവും അടുത്ത ചിത്രം നോക്കുക ഇതാരാണ് ഈ ചിത്രം നിങ്ങൾക്ക് കാണാമോ പുറകിലൊക്കെ കാണാമോ ഇത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുക ഒരു ചിരിയില്ലേ ആ പന്നിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടെയാണ് ഈ ഓടക്കകത്ത് അത് കിടക്കുന്നത് ഈ ഓടക്കകത്ത് കിടന്ന് അതിന്റെ ശരീരത്തിന്റെ നിറമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വെള്ള കളറാണ് പക്ഷെ ഈ ഓടക്കകത്ത് ആ മാലിന്യത്തിൽ ചെളിയിൽ ഉരുണ്ട് അത് ഇങ്ങനെ ഒരു കറുത്ത നിറമായിരിക്കുന്നു അത് അവിടെ തന്നെ കിടക്കുന്നു എന്ന് മാത്രമല്ല അതൊരു ചിരിയോടുകൂടിയാണ് അവിടെ കിടക്കുന്നത് കണ്ണടച്ച് ആസ്വദിച്ച് കിടക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഞാൻ ഓടയിൽ ചാടി വീണേക്കാം വീണ ഉടനെ ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം മായരുത് അവിടെ കിടക്കുമ്പോൾ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വാധീനത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നീ ആഗ്രഹിക്കാത്ത ഒരു ഇടത്ത് ചെന്ന് വീണു വീണാൽ അവിടെ കിടന്ന് ഇതുപോലെ ആസ്വദിച്ച് പുഞ്ചിരിയോടെ അവിടെ ഉറങ്ങല്ലേ അവിടെ കിടന്ന് അത് നക്കി തുടയ്ക്കല്ലേ നിങ്ങളുടെ ശരീരത്ത് മുഴുവൻ അത് പെരട്ടല്ലേ അങ്ങനെ പെരട്ടിയാൽ നമ്മുടെ മനസ്സാക്ഷി കട്ടിയുള്ളതായി മാറും മനസ്സാക്ഷിയുടെ സ്പർശത നഷ്ടപ്പെടും നമുക്ക് ആ പൂച്ചയെ പോലെ നമ്മെ തുടച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം അടുത്ത ഒരു ചിത്രം ഈ ചിത്രവും നാം നോക്കുന്നത് നല്ലതാണ് ഈ ചിത്രത്തിന് അത്രയധികം തീവ്രതയില്ല ഈ ചിത്രത്തിൽ ഇത് മാലിന്യത്തിന്റെ ഒരു കൂമ്പാരമാണ് ഇതാ മാലേന്റി തന്നെ കൂമ്പാരത്തിൽ ഇരുന്ന് ഒരു മനുഷ്യൻ അവിടെ അദ്ദേഹം അവിടുത്തെ മാലിന്യം വലിച്ച് എടുത്ത് അദ്ദേഹം കഴിക്കുകയാണ് സാക്ബ്രെ പറയുമ്പോൾ ഇതിനെക്കാളും കുറച്ചുകൂടെ തീവ്രമായിട്ടാണ് അദ്ദേഹം പറയാറ് പറയുന്നത് നമ്മൾ ഈ പാപത്തിന്റെ മാലിന്യത്തെ നാം ആ പാപച്ചെളിയിൽ നമ്മൾ കിടന്ന് ആസ്വദിക്കുമ്പോൾ അത് ഒരു മലനിറഞ്ഞിരിക്കുന്ന ഒരു കക്കൂസിനകത്തേക്ക് മുഖം വെച്ച് നക്കുന്നത് പോലെയാണ് നമ്മളത് കേൾക്കാൻ ഒരുപക്ഷെ അറപ്പായിരിക്കാം പക്ഷെ ബ്രങ്ങനെ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ പാപത്തെ ആ രീതിയിൽ ഒരു ഗൗരവത്തോടു കൂടെ കാണാൻ പലപ്പോഴും നമ്മൾ പാപത്തെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മുടെ നമ്മള് ഇതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ മനസാക്ഷിയുടെ ആ സ്പർശതയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ നമ്മള് ഈ മാലിന്യത്തിൽ നിന്ന് ഓരോന്ന് വലിച്ച് വലിച്ച് കഴിക്കുന്നത് ആ പന്നി അങ്ങനെയാണ് എന്നാൽ മനുഷ്യൻ അങ്ങനെ ആകാൻ പാടില്ല നമ്മെ സംബന്ധിച്ചോളം ഒരു പൂച്ചയെ പോലെ നമുക്ക് നല്ലൊരു മനസ്സാക്ഷി സൂക്ഷിക്കാൻ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ നമ്മുടെ ഉള്ളത്തിൽ കർത്താവെ എനിക്ക് ഈ വഴിയെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയെ പോകണം എന്റെ മനസ്സാക്ഷി മലിനപ്പെട്ട് അത് കട്ടിയായി പോകരുത് അത് കർത്താവെ തഴമ്പിച്ച് വിണ്ടുകേറി ആ രീതിയിൽ പോകരുത് അങ്ങനെ നൽകിയ ആ മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു താല്പര്യമാണ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്ന് വിശ്വാസം നല്ല മനസ്സാക്ഷി നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷി ഈ രീതിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ദൈവം ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ദൈവം നമ്മോടിപ്പോ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ എവിടെയാണ് കർത്താവ് എന്റെ മനസ്സാക്ഷി കർത്താവ് മലിന ുന്നത് എവിടെയാണ് കർത്താവെ അങ്ങ് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ അത് കേൾക്കാതെ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ കാണിക്കണമേ അങ്ങനെ രക്തത്താലെ കഴുകണേ ഞാൻ അത് അനുതാപത്തോടെ എങ്ങനെയടുക്കിലേക്ക് വരുന്നു ഞാൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ് കർത്താവെ അങ്ങ് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണല്ലോ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു അങ്ങനെ ഞാൻ ആശ്രയിക്കുന്നു കർത്താവെ എങ്ങനെ രക്തത്താലെ കഴുകണമേ എന്ന് പറഞ്ഞ് നമുക്ക് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നല്ല മനസാക്ഷിയോടെ വിശ്വാസത്തോടെ നമ്മുടെ ക്രിസ്ത്യജീവിതം തുടങ്ങുവാനായിട്ട് കഴിയും അങ്ങനെ നാം വിശ്വാസത്തോടുകൂടെ നമുക്ക് ക്രിസ്ത്യജീവിതം നല്ലൊരു മനസാക്ഷിയോടെ വിശ്വാസത്തോടുകൂടെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകട്ടെ ഭാരങ്ങളാകട്ടെ നമുക്ക് ദൈവത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ഇന്ന് നിങ്ങളുടെ ഒരു രോഗമാണോ ഒരു ബുദ്ധിമുട്ടാണോ വീട്ടിലെ മറ്റ് പ്രയാസങ്ങളാണോ ആത്മീയ ജീവിതത്തിലെ ഒരു പോരാട്ടമാണോ അവിടെയുള്ള ഒരു തളർച്ചയാണോ അവിടെ നമുക്ക് നല്ല മനസാക്ഷിയോടെ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വിശ്വാസത്തോടെ ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം ദൈവം കർത്താവെ എന്നെ അങ്ങ് സഹായിക്കണം ഇവിടെ എന്നെ വിടുവിക്കണം ഇവിടെ അങ്ങ് മതിയായവരാണ് അങ്ങ് എന്നെ സ്നേഹിക്കുന്നു കർത്താവ് എന്റെ ഭവനത്തിലെ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അങ്ങ് അങ്ങ് വെളിപ്പെടണമേ അങ്ങ് അവര് വഴി ഒരുക്കണം കർത്താവെ എന്റെ കുഞ്ഞിന്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ഭാര്യയുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണ് എനിക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ല എനിക്ക് മറ്റു ആഗ്രഹങ്ങളില്ല നല്ല ഞാൻ ഇതാ വിശ്വാസത്തോടെ അങ്ങയുടെ എടുക്കലേക്ക് വരുന്നു സ്വർഗം തുറക്കുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും പല കൊച്ച സാഹചര്യങ്ങളിലും വലിയ വലിയ സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതം എഫക്റ്റീവ് കാരണം നമ്മള് നമ്മുടെ മനസ്സാക്ഷിയെ അവഗണിക്കും നമ്മള് കട്ടിയുള്ള മനസ്സാക്ഷിയുമായിട്ട് മുമ്പോട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുവാനും കഴിയുന്നില്ല നമുക്ക് ഇന്ന് വീണ്ടും കർത്താവിന്റെ അടുക്കിലേക്ക് തിരികെ വന്ന് നല്ല ഒരു മനസാക്ഷിയോടെ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവെ എന്റെ ആത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ അങ്ങിൽ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു ഒരു അന്ധനെ പോലെ കർത്താവെ ആ വടിയിൽ ചാരുന്നത് പോലെ ഞാൻ ചാരിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു എന്ന് നാം പറയുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുകയും ദൈവം നമ്മെ മുമ്പോട്ട് നടത്തുകയും ചെയ്യും